അധ്യായം പത്തൊൻപത് ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകനായ എല്യാക്കീമനെയും രാജസക്കാരനായ ഷബനയേയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിന്റെ മകനായ യഷയ്യ പ്രവാചകന്റെ അടുക്കൽ അയച്ചു അവർ അവനോട് ഇസ്കിയാവ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്നയുമുള്ള ദിവസമത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അവന്റെ യജമാനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്കൊക്കെയും നിന്റെ ദൈവമായേ ഹോവാ പക്ഷെ കേൾക്കും നിന്റെ ദൈവമായേ ഹോവാ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്കുവേണ്ടി പക്ഷവാതം കഴിക്കണമേ ഹിസ്കിയാ രാജാവിന്റെ ഭൃത്യന്മാർ യശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യശയ്യാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവന്റെ സ്വന്ത ദേശത്തു വെച്ച് വാൾകൊണ്ട് വീഴുമാറാക്കും റബ്ഷാക്കെ മടങ്ങിച്ചെന്ന് അശൂർ രാജാവ് ലിബ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാഖീഷ് വിട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു കൂശരാജാവായ തിർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ പിന്നെയും ഇസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് തെന്തെന്നാൽ നിങ്ങൾ യഹൂദരാജാവായ ഹിസ്കി അവോട് പറയേണ്ടത് യെരുശിലേം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് അശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ നീ ഒഴിഞ്ഞു പോകുമോ ഗോസാൻ ഹാരാൻ രേസഫ് തെലസ്സാരിലെ ഏതന്യർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ ഹമാ രാജാവും അർപ്പാദരാജാവും സെഫർവയ്യം പട്ടണം ഹേന ഇവ എന്നവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ ഇസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തുവാങ്ങി വായിച്ചു ഇസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അതു വിടർത്തി ഇസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്നാൽ കിരൂപകൾക്കുമീതെ അധിവസിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവെ നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി ചെവി കേൾക്കണമേ യഹോവെ ണമേ ജീവനുള്ള ദൈവത്തെ നിന്നിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹേരിവിന്റെ വാക്ക് കേൾക്കേണമേ യഹോവി അശൂർ രാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ അവരുടെ ദേവന്മാരെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു അവ ദേവന്മാരല്ല മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രം ആയിരുന്നുവല്ലോ ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ ഹോവെ നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കൈയിൽ നിന്ന് രക്ഷിക്കണമേ ആമോസിന്റെ മകനായ യശയ്യാവ് ഇസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ ദൈവമായ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നീ അശുർ രാജാവായ സൻഹേരിബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്തോ വചനമാവിത് സിയോൻ പുത്രിയായ കന്യിക നിന്നെ നിന്നിച്ച് പരിഹസിക്കുന്നു യെരുഷലേം പുത്രി നിന്റെ പിന്നാലെ തല നീ ആരെയാകുന്നു നിന്നിച്ച് ദുഷിച്ചത് ആർക്കു വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രയേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ ദൂതന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്നിച്ചു എന്റെ അസംഖ്യം രഥങ്ങളോടു കൂടെ ഞാൻ മലമുകളിലും ലെബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു അതിലെ പൊക്കമുള്ള ദേവദാരിക്കളും വിശേഷമായ സരളവൃക്ഷങ്ങളും ഞാൻ മുറിക്കും അതിന്റെ അറ്റത്തെ പാർപ്പിടം വരെയും ചെഴുപ്പുള്ള കാടുവരെയും ഞാൻ കടന്നു ഞാൻ അന്യജലം കുഴിച്ചെടുത്ത് കുടിക്കും എന്റെ കാലടികളാ മിശ്രയിമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു ഞാൻ പണ്ടു പണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നി കേട്ടിട്ടില്ലയോ നി ഉറപ്പുള്ള പട്ടണങ്ങളെ ശൂന്യകുംബാരങ്ങളാക്കുവാൻ ഞാനിപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട് അമ്പരന്നുപോയി അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പേ കരിഞ്ഞുപോയ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 എന്നാൽ ഇത് നിനക്ക് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാമാണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും തിന്നും മൂന്നാമാണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടമുണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും യഹൂദാഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിതഗണം വീണ്ടും താഴെ വേരുന്നി മീതെ ഫലം കായ്ക്കും ഒരു ശേഷിപ്പ് യരുഷലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടുവരും യഹോവയുടെ തീക്ഷ്ണത അതിനെ അനുഷ്ഠിക്കും അതുകൊണ്ട് യഹോവ അശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരമ്പ് അവിടെ എയികയില്ല അതിന്റെ നേരെ പരിചയോടു കൂടെ വരികയില്ല അതിനെതിരെ വാടകോരുകയുമില്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയില്ല എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് അന്നു രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ ഒരു പേരെ കൊന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ അശുർ രാജാവായ സൻഹേരി യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിലവയിൽ പാർത്തു അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരേസരും അവനെ വാൾകൊണ്ട് കൊന്നിട്ട് അരാരാത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു അവന്റെ മകനായ യേസർഹദോൻ അവന് പകരം രാജാവായി തീർന്നു